അടുത്തയാണ് പന്ത്രണ്ടാമത്യം നർം കിഞ്ചന സംവേത്തി അന്യഥലക്ഷണോ ബന്ധോ സിദ്ധ്യത്തികാരണബദ്ധസ്തു കാരണാവസ്ഥയിലാണ് പ്രിയിലാണെങ്കിലോ ആ കാര്യ കാരണങ്ങളൊന്നുമില്ല അത് വിശദീകരിക്കുന്നുണ്ട് കഥം പുനഃ കാരണബദ്ധത്വം പ്രാജ്ഞസ് ആ പ്രാജ്ഞനെങ്ങനെ കാരണബദ്ധത്വം ഒന്നും തുര്യവാഗ്രഹണ അന്യഥാഗ്രഹണ ലക്ഷണം ബദ്ധവിന സിദ്ധ്യത അന്യഥാഗ്രഹണവും ഇതിലും തുര്യനിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഇവിടെ തുര്യൻ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി അടുത്ത് പറയുകയാണ് യസ്മാലക്ഷണംവേത്തിനെയുള്ള ദ്വൈതം അവിദ്യബീജപ്രസൂതം അവിദ്യയാകുന്ന ബീജത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് വിദ്യയാകുന്ന ബീജത്തിൽ നിന്ന് ഉത്പന്നമായതാണ് എന്താണ് അന്നാത്മ വസ്തുക്കൾ ബാഹ്യം ദ്വൈതം ജാഗ്രത്തിനും സ്വപ്നത്തിനും ഉണർന്നു കാണുന്ന ദ്വൈതം ബാഹ്യമായി അനുഭവപ്പെടുന്ന ദ്വൈതം അത് അവിദ്യാകാര്യമാണ് ചിത്രസ്പന്ദനമാണ് അവിദ്യാകാര്യമാണ് എന്നുള്ള മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഈ ജാഗ്രസ്വപ്നങ്ങളിൽ ദ്വൈതം സംവേത്തിന്റെ സവിശേഷത അനാത്മബോധം അതുണ്ട് തതച്ച അസൗ തഹേന തമസ അന്യഥ്രഹണബീജഭൂതന ബദ്ധോ പ്രാജ്ഞനും ബദ്ധനാണ് പ്രാജ്ഞനെങ്ങനെ ബദ്ധനായിരിക്കുന്നു തത്വാഗ്രഹണം അതിനാണ് നമ്മൾ അജ്ഞാനം അവിദ്യ അറിവില്ലായ്മ ശൂന്യം അതെല്ലാം പറയുന്നു അതാണ് തത്വാഗ്രഹണം അതാണ് തമസ് വിരള് അതാണ് അന്യഥാഗ്രഹണത്തിന് ബീജഭൂതമായിരിക്കുന്നു അന്യഥാഗ്രഹിക്കുക തന്നെ അന്യഥാഗ്രഹിക്കുക സ്തുയനെ മിശനായും തൈജസ്സനായും ഗ്രഹിക്കുക അതാണ് അന്യഥാഗ്രഹണം മറുതരത്തിൽ ഗ്രഹിക്കുക ആ അന്യഥാഗ്രഹണത്തിന് എന്താണ് തമസ് ആ തഹണം ഒന്നും ഗ്രഹിക്കാതിരിക്കുക സൃഷ്ടിയിലാനുഭവം എന്താണ് ഒന്നും അത് തത്വഗ്രഹണം ഒന്നും അറിയുന്നില്ല തന്നെയും അറിയുന്നില്ല സ്വപ്നത്തിലും അന്യഥാഗ്രഹണം പലതിനെയും അറിയുന്നു ഈ അന്യഥാഗ്രഹണത്തിന് ജാഗ്രത സ്വപ്നത്തിന് ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്നെന്താണ് സൃഷ്ടത്തിൽ ആഗ്രഹമാണ് അങ്ങനെ സൃഷൃത്തിയിലും ആ പ്രാജ്ഞൻ ദദ്ധനായിരിക്കുന്നു ജാഗ്രതത്തിൽ വിശ്വതജസ്മാർ ബദ്ധന്മാരായിരിക്കുന്നു ഈ അവസ്ഥ എല്ലാ ജീവന്മാർക്കും പരിചയമുള്ളതാണ് അത് ബന്ധമാണോ മോക്ഷമാണോ എന്ന് തിരിച്ചറിയില്ലെങ്കിലും ആഗ്രഹവും അന്യഥാഗ്രഹണവും എല്ലാവർക്കും അറിയാം ശാസ്ത്രം ബോധിപ്പിക്കാതെ തന്നെ അറിയാം പക്ഷെ അത് അത് ബദ്ധാവസ്ഥയാണ് സേതിേതിർക് തസ്മാന്റെ തത്വഗ്രഹണലക്ഷണം ബീജം തത്രീനെ കുറിച്ച് ഇവിടെ പറയും ഇതാണ് നമ്മുടെ അനുഭവം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു സുഷുപ്തിയും നമ്മുടെ അനുഭവമാണ് ജാഗ്രത സ്വപ്നങ്ങളും അനുഭവമാണ് എല്ലാ ജീവന്മാരുടെയും അനുഭവം അങ്ങനെയാണെങ്കിലും തുരീയം തത് സർവതൃ സുരിയൻ എന്ന് പറഞ്ഞാൽ സർവദൃക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അർത്ഥം എന്താണോ സർവത്തെയും ദർശിക്കുന്നവൻ ദുർക്കെന്ന് വെച്ചാൽ ദർശിക്കുന്നവൻ സർവത്തിനെയും കാണുന്നവൻ സർവത്തിനെയും അറിയുന്നവൻ അല്ലെങ്കിൽ സർവത്തിനും സാക്ഷിയായിരിക്കുന്നവൻ എന്നൊക്കെ പറയാം അതാണ് എന്റെ സാമാന്യമായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം പക്ഷേ ഭാഷകാലൂടെ അർത്ഥമെന്ന് പറയുന്നത് കാരണം ഇവിടെ അദ്വൈതമാണ് പറയുന്നത് സർവത്തെയും കാണുന്നവൻ സർവത്തിന് സാക്ഷിയായിരിക്കുന്നത് ആത്മാവിനെക്കുറിച്ച് സുധാരണ പറയാനുള്ളത് സാക്ഷിയാണ് ഇങ്ങനെ പറയുന്നിടത്തൊരു പോരായ്മയുണ്ട് അദ്വൈതത്തിന്റെ നിലയിലൊരു പോരായ്മല്ലാണോ സർവത്തിന് സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാക്ഷിക്ക് മുമ്പിൽ സർവ്വവും ഇവിടെ അദ്വൈതമാകുന്നു സാക്ഷിയും സാക്ഷിയുടെ ദൃശ്യമുണ്ട് അദ്വൈതം വന്നു അല്ലാതെ മറ്റൊന്നിനെ കൂടി അംഗീകരിക്കുമ്പോൾ ദുരിതമാണ് അതുകൊണ്ട് അങ്ങനെയല്ല ഇവിടെ ഭാഷകാരൻ ണ്ടാമത് അങ്ങനെയും വയ്ക്കാനും നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് സാക്ഷി ഭാവനയെക്കുറിച്ചെല്ലാം പറയും അദ്വൈതത്തിന്നെ പറയും ഈ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്റെ സ്വരൂപത്തെ ഇതിനെ സാക്ഷിയായി ഭാവന ചെയ്യാൻ പറയും അതൊരു ഉപാസന മാർഗമാണ് ഇവിടെ അതല്ല ഇവിടെ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് ഉപാസനയ്ക്കുള്ള ഉപായത്തെയല്ല എല്ലായിടത്തും അത് മനസ്സിലാക്കും എല്ലായിടത്തും തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കും അത് ബോധിച്ചില്ലെങ്കിൽ ഉടനെ ഉപാസനയ്ക്കുള്ള ഉപായം പറയും ഇവിടെ പറയും തുടങ്ങും ആദ്യം അതല്ല പരമാർത്ഥത്തെ പരമാർത്ഥം എല്ലാവർക്കും ബോധിക്കെടുക്കാൻ കാരണം പരമാർത്ഥം വളരെ അനായാസമാണ് അതുകൊണ്ടാണ് ബോധിക്കാത്തത് പ്രയാസമായതുകൊണ്ടല്ല എല്ലാവർക്കും വേണ്ടതെന്നാണ് പ്രയാസമുള്ളത് വേണം ഇത് അനായാസമായതുകൊണ്ട് ഇത് ബോധിക്കത്തില്ല മനസ്സിൽ തന്നെയുള്ളത് അതുകൊണ്ടിവിടെ ധർമാർത്ഥ തത്വത്തെ ആദ്യം പറയുകയാണ് സർവദൃക്സ അത് സർവദൃക്കാണോ സർവത്തെയും കാണുന്നവനെന്നല്ല എന്തുകൊണ്ട് ഈ തുര്യനിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ടായാലും നമുക്കത് കാണാൻ പറ്റും ഇവിടെ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല അപ്പൊ പിന്നെങ്ങനെ താൻ സാക്ഷിയായി നിന്ന് ബാക്കിയുള്ളതിനെ കാണും അതാണ് ജ്ഞാനമെന്ന് നമ്മളൊരു പുതിയ ജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് ആ ജ്ഞാനം കൊണ്ട് ഈ ലോകത്തെയൊക്കെ കാണുന്നു അങ്ങനെയാണ് ഞാനീ ഇവിടെ ജ്ഞാനമെന്നാണ് ഇവിടെ പറയുന്നു സുര്യനിന്നും അന്യമായിട്ട് മറ്റൊന്നും ഇല്ല ഇല്ലാതിരിക്കെ തുര്യൻ ഏത് ജ്ഞാനത്തെ സമ്പാദിച്ചിട്ടാണ് ഈ ലോകത്തെ കാണുന്നത് അപ്പൊ തിരിയു സമ്പാദിക്കാനായിട്ടൊരു ജ്ഞാനമില്ല തിരിയനു കാണാനായിട്ടൊരു ലോകമില്ല അതുകൊണ്ടെന്താണ് അത് എപ്പോ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ് താൻ അജ്ഞനാണെന്ന് കരുതുമ്പോഴും ഇനി ഒരാൾ ജ്ഞാനത്തെ പ്രാപിച്ചുവെന്ന് കരുതുമ്പോൾ സ്വന്തം അനുഭവമല്ല നമ്മൾ വേറെ ആളെക്കുറിച്ച് പറയുന്നു ജ്ഞാനിയാണ് ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞു അങ്ങനെ ജ്ഞാനിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എല്ലാം നമ്മൾ സങ്കല്പിക്കുമ്പോഴും സ്വയം അജ്ഞനാണെന്ന് കരുതുമ്പോഴും അതാണ് സർവത സദാ ഏവേദി ഭവതി ജാഗ്രതത്തിന് സ്വപ്നത്തിനും സുഷുപ്തിന് എല്ലാം എന്താണോ സർവഞ്ചത്ത് ദൃപ്ത അത് സർവവുമായിരിക്കുന്ന ദുർക്കാണ് അല്ല സർവത്തിനെയും ദർശിക്കുന്ന ദൃക്കല്ല സർവവുമായിരിക്കുന്ന ദൃർക്ക് നമ്മൾ പറയുന്നത് ജ്ഞാനിയുടെ ഒരവസ്ഥയെക്കുറിച്ച് നമ്മള് കരുതുകയാണെങ്കിൽ പരമാവധി നമുക്ക് സങ്കല്പിക്കാവുന്ന ഇതാണ് സർവവുമായിരിക്കുന്ന ദൃർക്ക് അതാണ് തുര്യൻ സർവവുമായിരിക്കുന്ന ദുർക്കെന്ന് പറയുമ്പോൾ എന്താണോ ദുർക്കിൽ നിന്ന് അന്യമായിട്ട് സർവവുമില്ല ദുർക്ക് സ്വയം സാക്ഷിയായി നിന്നും മറ്റൊന്നിനെ സാക്ഷ്യമാക്കാനിവിടെ ഇല്ല സാക്ഷിക്ക് ഭാഷ്യമായി സാക്ഷി ഭാസ്യമൊന്നുമില്ല അങ്ങനെ ഒന്നില്ല ഇവിടെ ആ സാക്ഷിയിൽ നിന്ന് തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല സർവവും ആ ദൃർക്ക് തന്നെ അതാണ് ദുര്യന്റെ പരാമാർത്ഥസ്ഥിതി അതാണ് പരമാർത്ഥ തത്വം അതാണ് സർവഞ്ജക് സേതി സർവദൃക്താണ് സർവദൃക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അനായാസമായതുകൊണ്ട് പ്രയാസപ്പെടുന്നു കാരണം നമുക്കിഷ്ടമുള്ളതെന്താണ് വളരെ കഠിനമായ കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ളത് വളരെ അഭ്യാസങ്ങളിലൂടെയൊക്കെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം നല്ലത് തന്നെയാണ് ശ്രേഷ്ഠമാണ് പക്ഷെ ഇവിടെ ഇപ്പോ തുരിയെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോ അതൊന്നും എന്നെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സഹജ സമാധി എന്നുള്ളത് സഹജമായ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിരിക്കുന്നതാണ് യത്നത്തിന്റെ ഫലമായി വരുന്നതല്ല സഹജ സമാധി എന്ന് പറയുന്നത് അത് തുര്യ തുര്യന് സഹജമായിരിക്കുന്നതാണ് തുര്യന്റെ സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് അതിന്റെ സഹജ സമാധി എന്ന് പറയുന്നത് നമ്മൾ യത്നിക്കുന്ന എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് നിരോധ സമാധിക്ക് വേണ്ടിയിട്ടാണ് നിരോധ സമാധിക്ക് പ്രയത്നം വളരെ പലതിനെയും നിരോധിക്കണം സർവത്തെയും നശിപ്പിക്കണം മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം നഷ്ടപ്പെട്ട എന്നാൽ നിരോധ സമാധി പ്രാപിക്കും വളരെ ക്ലിഷ്ഠമായ വഴിയാണത് പക്ഷെ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിരോധിച്ചു പ്രാപിക്കും ആ നിരോധ സമാധിയിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് പ്രപഞ്ചവിസ്മരണം എന്തുകൊണ്ട് പ്രപഞ്ചത്തെ നമ്മൾ സത്യമായി കരുതും പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നവർക്ക് മാത്രമേ നിരോധ സമാധിയുള്ളൂ കാരണം പ്രപഞ്ചം സത്യമായിരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിരോധിക്കും എന്തുകൊണ്ട് സത്യമായ പ്രപഞ്ചം െ ശപ്പെടുത്തുന്നു ഉപദ്രവിക്കുന്നു പ്രപഞ്ചത്തുനിന്ന് രക്ഷപ്പെടുന്നു അതുകൊണ്ട് നിരോധിക്കുന്നു നിരോധിച്ച് ഈ പ്രപഞ്ചത്തുനിന്ന് രക്ഷപ്പെടുന്നു അത് മോശം തന്നെ പറയുന്നു അതൊരു മാർഗം തന്നെ പക്ഷെ അതിനാദ്യം പ്രപഞ്ചത്തെ സത്യമായി തന്നെ കാണണം എന്തിന് സത്യമായ പ്രപഞ്ചമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിരോധിക്കും പിന്നെ നിരോധിക്കാനൊന്നുമില്ല അസത്യത്തെ എന്തിനെ നിരോധിക്കണം എവിടെ അസത്യം എന്ന് പറഞ്ഞാൽ എന്താണോ സർവം ചത് ദൃക്ത ആ ദൃർക്കിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല സർവവും ആ ദൃക്ക് തന്നെ സർവവും ദൃക് എന്ന് വന്നാൽ പിന്നെ അവനെ നിരോധിക്കാനൊന്നുമില്ല സർവവും ദൃക്കാണെന്നുള്ള ആ ബോധം വന്നുകഴിഞ്ഞാൽ അത് ബോധിച്ച ആ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നെ നിരോധിച്ച് പ്രാപിക്കേണ്ട സമാധിയില്ല നിരോധത്തെക്കുറിച്ച് ഇവിടെ തന്നെ പറയും പിന്നീട് ഇവിടെ അതേണ്ട പറയും ഇവിടെ പറയുന്നത് എന്താണ് ആ ദൃക് ൻ തർവദൃക് തൊരിയൻ സർവദൃക്കാണ് സർവും ദുര്യനായി തന്നെ നിൽക്കുന്നു അവിടെ തുര്യന് തുര്യന്റെ സ്ഥിതി സഹജമായിരിക്കും നമ്മൾ നിരാശപ്പെടുന്ന എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്താണോ നമ്മുടെ പ്രയത്നം കൊണ്ട് പ്രപഞ്ചം വിസ്മരണം നമുക്ക് സംഭവിക്കും ഇവിടെ എന്താ ചെയ്യുന്നത് സർവ പ്രതീക്ഷകളെയും സർവയത്നങ്ങളെയും നിരാകരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നിവിടെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സർവമാതൃക്ക് തന്നെയാണ് അത് നമ്മളെ ശ്രുതി ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് എന്നാ കർമ്മ പ്രജയ ധനയന ആദ്യം പറയുന്ന കർമ്മം നിന്റെ യത്നം കൊണ്ടൊന്നും ഈ സഹജ സമാധി സാധ്യമല്ല തീർച്ചയായും നിന്റെ യത്നം കൊണ്ട് നിരോധ സമാധി സാധ്യമാകും പരിശ്രമിക്കുക മുറിക്കകത്ത് വാതനം അടച്ചിരിക്കുക എന്നിട്ട് അഭ്യസിക്കുക നിരോധ സമാധി സാധ്യമാകും സഹജ സമാധിക്കാണെങ്കിലോ മനസിന്റെ വാതിൽ തുറന്നുകൊടുക്കണം ആർക്ക് ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിന് ഒരുപാട് വാതിലുകൾ വെച്ച് ഒരുപാട് സാക്ഷിയൊക്കെ ഇട്ട് ബലമായിട്ട് അടച്ചിരിക്കണം അതടക്കാതെ നമുക്ക് ഈ യത്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിലനിർത്താൻ പറ്റും നമ്മൾ യത്നിക്കുന്നത് പ്രയത്നിക്കുന്നത് ുള്ളിലേക്ക് ഇങ്ങനെ കിടക്കും നമ്മൾ സാധാരണ അതാ ചെയ്തു ശ്രവണത്തിന് നമ്മുടെ മനസ്സിന് നമ്മൾ തുറന്നുകൊടുക്കത്തില്ല വാസ്തവത്തിന് ഇത്രയും ഇവിടെ ആവശ്യമാണ് നമ്മുടെ മനസ്സിന് നമ്മൾ തുറന്നു കൊടുക്കുക പരമാർത്ഥം ബോധിക്കാൻ അത് മാത്രം മതി ശ്രുതി പറയുന്നത് ഗ്രഹിക്കാൻ ഈ മനസ്സിന് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണ് നമ്മുടെ എല്ലാ ധാരണകളെയും വിട്ടുകളക്കുക നമ്മൾ ആർജിച്ചിരിക്കുന്ന സർവ്വ അറിവുകളെയും വിട്ടുകളക്കുക അതാണ് മനസ്സിന്റെ തുറന്നിടലെന്ന് പറയും അവിടെ പരമാർത്ഥം ബോധിക്കുക അതാണ് ഇത് അനായാസം എന്ന് പറയും അതായത് ശ്രമത്തിന്റെ ആവശ്യം ശ്രുതി നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുകയാണ് നമ്മളതിന് സന്നദ്ധനായാൽ മാത്രം നമ്മളെന്താ ചെയ്യുന്ന അതിന് ചെറുക്കയാണ് ശ്രുതിയുടെ അനുഗ്രഹത്തെ നമ്മൾ ചെറുക്കുന്നു എന്താണ് ചെറുക്കുന്നത് നമ്മുടെ മനസ്സുക എന്തുകൊണ്ട് ചേർക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട് നമ്മുടെ ധാരണകളെ കൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെ കൊണ്ട് സർവോപരിയായി നമ്മുടെ യത്നങ്ങളെ കൊണ്ട് അതിനെ ചെറുക്കുന്നു ഇതെല്ലാം നിന്നാമത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് അത് സർവത്തെയും ദർശിക്കുന്നവനല്ല സർവവുമായിരിക്കുന്നത് ദ്രഷ്ടാവാണ് അവനും നിന്ന് അന്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ഭാഷകാരം പറയുന്നത് വളരെ സൂക്ഷ്മമായതിന് ഇവിടെ വിശദീകരിക്കുകയാണ് നിങ്ങളെന്തു ചെയ്യുന്നു അജ്ഞാനിയായിരുന്നു കൊണ്ട് ജ്ഞാനത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു പരിശ്രമിച്ച് നേടുന്നതോ വിപരീത ജ്ഞാനങ്ങൾ തത്വ അഗ്രഹണവും അതിനെ തുടർന്ന് വരുന്ന അന്യഥാഗ്രഹണവും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ജാഗ്രത് സ്വപ്നം എന്നുള്ള നിലയ്ക്കും സുഷുപ്തി എന്നുള്ള നിലയ്ക്കും മാത്രമാണ് ഇനി വരുന്ന ഭാഗത്തും പറയും ആ തത്വാഗ്രഹണം അത് ജാഗ്രതനുമുണ്ട് അന്യഥാഗ്രഹണം ഇവിടെ വളരെ സ്പഷ്ടമാണ് ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും സംഭവിക്കുന്നത് നമ്മൾ അറിവിനെ ആർജിക്കുന്നതിലൂടെ ഇച്ഛയെ നിലനിർത്തുന്നതിലൂടെ പ്രയത്നങ്ങളെ തുടരുന്നതിനുണ്ട് ശ്രുതി എന്താ പറയുന്നത് അത് സർവദൃക്കാണ് തുര്യൻ സർവദൃക്കാണ് അവൻ സർവവുമായിരിക്കുന്നവനാണ് സർവവുമായിരിക്കുന്ന തുര്യനിൽ അഗ്രഹണമില്ല എപ്പോയില്ല പറയുന്നു സർവദാ സദാ അന്ന് നിത്യമുക്തനെന്ന് പറയുന്നു സദാ മുക്തനായി തന്നെ ഇരിക്കുന്നു എന്നാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് എന്നാലും സ്വയം അജ്ഞനാണെന്ന് ധരിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഇവിടെയാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് ശ്രുതി ഒരിക്കലും നമ്മ ബോധിപ്പിക്കുന്നുണ്ട് എന്താണ് നീ അജ്ഞനാണ് ബോധിപ്പിക്കുന്നില്ല മറിച്ച് എന്താ പറയുന്നത് സർവദൃക്കാണ് സർവവുമായിരിക്കുന്നു നീയാണ് എന്നാണ് അതാണ് പരമാർത്ഥം അത് ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിപ്പിക്കണം ഇനി ഭാഷകാരൻ പറയും പരമകാരുണികനായ ഗുരുവിൽ നിന്ന് തന്നെ അത് ബോധിക്കണമെന്ന് പറയും രണ്ടും ഒന്നാണ് തുടക്കത്തിൽ ഗുരുവാക്യവും ശ്രുതിയും ഒന്ന് തന്നെ രണ്ടു രണ്ട് ശബ്ദങ്ങളാൽ അതാ അങ്ങനെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു സർവതൃക്കായിരിക്കുന്ന ഈ തുരിയനിൽ തത്വാഗ്രഹണമില്ല അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രയത്നങ്ങൾ ഇതാണ് അജ്ഞാനത്തെ സൃഷ്ടിക്കുന്നത് പ്രയത്നം നിലനിൽക്കുന്നിടത്തോളം എന്താണ് അതിന് കാരണമായി അജ്ഞാനം നിൽക്കുന്നത് ഇതാണ് പരമാർത്ഥം തുര്യനിൽ നിന്ന് അന്യമായി ഒന്ന് ഒരു അജ്ഞാനം ഒരു പ്രപഞ്ചം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി തസ്മാ തത്വാഗ്രഹണ ലക്ഷണം ബീജം തത്ര തത്വാഗ്രഹണം എന്ന് പറയുന്ന ആ ബീജം അത് തുര്യനിൽ നിലനിൽക്കുന്നില്ല ചെല്ലു അത് ജ്ഞാനിയിൽ കാണത്തില്ല പക്ഷെ അജ്ഞാനിയിലുണ്ടല്ലോ ഇവിടെ പറയുന്നത് എന്താണ് ജ്ഞാനി അജ്ഞാനി അങ്ങനെ രണ്ട് സൃഷ്ടികളുണ്ടെന്നല്ല ഇവിടെ പറയുന്നു അങ്ങനെ കൽപ്പിച്ചാൽ എന്തായി അത് അത് തന്നെ ദുരിതം ജ്ഞാനി അജ്ഞാനി ഇന്ന് രണ്ടില്ല ഇവിടെ ഒന്നേ ഉള്ളൂ എന്താണോ സർവാത്മകമായിരിക്കുന്ന അതുരിയൽ അത് മാത്രമേ അന്യമായിട്ട് മറ്റൊന്നുമില്ല അപ്പോ അജ്ഞാനി ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിച്ച് ജ്ഞാനിവാകണമെങ്കിൽ എന്ത് വേണം സ്വയം ആദ്യം അജ്ഞാനിയായി കൽപ്പിക്കണം എന്നാലും സാധ്യമാവും കാരണം അജ്ഞാനം സത്യമാണ് തുര്യൻ മാത്രമാണ് സത്യം അപ്പൊ നീ അജ്ഞാനിയായിരുന്നോണ്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നെങ്കിൽ എന്ത് ചെയ്തു നീ സ്വയം ആദ്യം നിന്നെ കൽപ്പിച്ചജ്ഞാനിയാക്കി അങ്ങനെ ഒരു കൽപ്പനയെ സ്വയം തന്നെ സൃഷ്ടിച്ച ഒരു കൽപ്പനയെ മാറ്റാൻ വേണ്ടി പിന്നീട് പരിശ്രമിക്കുന്നു അതാണ് ഞാനീ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊന്നും ഇതൊന്നും പരമാർത്ഥമല്ല കുര്യനെന്നും അന്യമായിട്ടിവിടെ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചത് പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സർവവും ആണത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ അവസാനം പറയും നിങ്ങളുടെ വഴിക്ക് എന്താണ് സർവത്തെയും കാണുന്ന ഒരു ദൃർക്കുണ്ട് ആ ദൃക്കിനെ നിങ്ങൾ സാക്ഷാത്കരിക്കണം അതിന് നിങ്ങൾ സർവത്തെയും നശിപ്പിക്കണം അതിന് സർവത്തെയും നിരോധിക്കണം നിരോധിച്ചിട്ട് അവനെ സാക്ഷാത്കരിക്കണമെന്നെല്ലാം പറയും പക്ഷെ അത് പരമാർത്ഥമല്ല പരമാർത്ഥം ഇവിടെ പറഞ്ഞു അത് സദാധനത്തു എന്താണ് സദാ നിർബീജനായിരിക്കുന്നു തത്വഗ്രഹണലക്ഷണം ബീജം തത്ര അത് നമുക്ക് പരിചയമുണ്ട് എങ്ങനെ നമ്മൾ കരുതുന്നു അത് സുഷുത്തിയിൽ താൻ തത്വത്തെ ബോധിക്കാതിരുന്നു ജാഗ്രത്തിൽ ബോധിക്കാതിരുന്നു സ്വപ്നത്തിൽ ബോധിക്കാതിരുന്നു ഇനി നമ്മൾ കരുതുന്നത് എന്താണ് തുരിയെന്ന് പറയുന്ന ഏതൊരവസ്ഥയുണ്ട് അവിടെ ചെന്ന് ബോധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് അതല്ല സദാ എന്ന് പറഞ്ഞെന്താണോ കാലത്തെക്കുറിച്ച് പറയുകയാണ് എല്ലായ്പ്പോഴും തിരിയൻ സർവവും ആ തുര്യനായിരിക്കുന്നു ആ തുര്യനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല മോക്ഷത്തെക്കുറിച്ച് പറയുന്നതല്ല ബന്ധനത്തെക്കുറിച്ച് പറയുന്നു രണ്ടിനും അതീതമായിരിക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് സദാ എന്ന് ഇതാണ് പരമാർത്ഥം അഗ്രഹണമില്ലെങ്കിൽ തത് പ്രസൂത അന്യഥാഗ്രഹണസഭാവ ഇവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നില്ല തത്വ അഗ്രഹണത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല പരമാർക്കാർ തത്വരിയല്ല അത് നില്ക്കാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ അതില്ലെങ്കിൽ എന്താണ് അന്യഥാഗ്രഹണ അതേ അഭാവം അന്യഥാഗ്രഹണം എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല അന്യഥാഗ്രഹണത്തെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്നു സുര്യനിൽ നിന്ന് അന്യമായി എന്തിനെയെങ്കിലും ഗ്രഹിക്കുന്നതിനാണ് അന്യഥാഗ്രഹണം എന്ന് പറയുന്നത് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചം ഇതൊന്നും അനുഭവപ്പെടുന്നതിനാൽ ഇതെല്ലാം അന്യഥാഗ്രഹണം ഇത് അനുഭവപ്പെട്ടതുകൊണ്ട് മാത്രം അന്യഥാഗ്രഹണം ആകത്തില്ല സാമാന്യമായി പറയുമ്പോൾ ജാഗ്രതും സ്വപ്നത്തിലുമൊക്കെ ഇതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അന്യഥാഗ്രഹണം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ അതല്ല അന്യതാഗ്രഹം മറിച്ച് തുരിയനിൽ നിന്ന് അന്യമായി ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നതാണ് തുര്യനിൽ നിന്ന് വേറിട്ട് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നതാണ് എന്നാൽ ഇത് അന്യതാഗ്രഹണമാകും തുര്യനിൽ നിന്ന് വേറിട്ട് ഇതിനെയൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനെയൊക്കെ നിരോധിക്കും സമാധി ആവശ്യമായിട്ട് വരും സർവദർഗായിരുന്നാലോ തുരിയനിന്നും വേറിട്ടൊന്നിനെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അന്യഥാഗ്രഹണമില്ല പ്രപഞ്ച അനുഭവത്തിലും അന്യഥാഗ്രഹണമില്ല പ്രപഞ്ചം നിലനിൽക്കുന്നതിന് പ്രപഞ്ചത്തിന്റെ അനുഭവം സഹജ സമാധിക്ക് തടസ്സമുണ്ട് നിരോധ സമാധിക്ക് തടസ്സമാണ് രണ്ടും തമ്മിൽ വ്യത്യാസം സഹജഭാവം ഒരിക്കലും ലോകവ്യവഹാരത്തിന് തടസ്സമല്ല അതാണ് തത്വജ്ഞാനികളുടെ നില സഹജഭാവത്തെ വിടാതെ അവർ ലോകത്തിൽ വ്യവഹരിക്കുന്നു അങ്ങനെ ഒന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും ഈ ശാസ്ത്രമെല്ലാം ഒരു അസംബന്ധമായി ഗുരുവിന്റെ ഉപദേശം അസംബന്ധമായി പോകും ഗുരുശിഷ്യ പാരമ്പര്യം എന്ന് പറയുന്നതിന് ഇല്ലാതെ ആയിപ്പോ എന്തുകൊണ്ട് നിരോധാവസ്ഥയിൽ ഗുരുവിനെ ശിഷ്യന് ആരാരെ ഉപദേശിക്കും നിരോധത്തെക്കുറിച്ച് ആർക്കാരോട് പറഞ്ഞുകൊടുക്കാൻ പറ്റും ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല എന്തുകൊണ്ട് എപ്പോഴാണോ അവൻ നിരോധ സമാധിയിൽ നിന്ന് ഉണരുന്നത് ഉണരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് നഷ്ടപ്പെട്ടുവെന്നാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉറക്കം നഷ്ടപ്പെട്ടുവെന്നാണ് നിരവധി സമാധിയിൽ നിന്ന് ഒരാൾ ഉടന്നു കഴിഞ്ഞാൽ നിരോധം അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു സമാധി അവിടെ ഇല്ലാതായി അതൊരാൾ ഏതൊരു തലത്തിലാണോ നിന്നത് ആ തലത്തിൽ നിന്ന് അയാൾ താഴോട്ടിറങ്ങി വരികയാണ് അപ്പൊ സമാധിയെക്കുറിച്ച് എന്ത് ഉപദേശിക്കാം ഒന്നുപദേശിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ട് സമാധിയിൽ വ്യവഹാരലോകം വന്നു കഴിഞ്ഞു വ്യവഹാരത്തിൽ സമാധിയില്ല ഇതാണ് അവിടുത്തെ പോരായ്മ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സമാധിയിൽ തന്നെ വ്യവഹാരം സമാധിയിൽ വ്യവഹാരം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് തത്വത്തെ ബോധിപ്പിക്കാൻ പറ്റൂ ഗുരുവിന് ശിഷ്യനെ ഇത് ബോധിപ്പിക്കാൻ പറ്റൂ എന്തായാലും അജ്ഞനായിരുന്നു കൊണ്ട് ഗുരുവിന് ശിഷ്യനെ ഉപദേശിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ശിഷ്യന് പ്രയോജനമില്ല ഉപദേശിക്കുന്ന എപ്പോഴായിരിക്കും ജ്ഞാനനിഷ്ഠനായിരുന്നു കൊണ്ട് തന്നെ ആ ജ്ഞാനനിഷ്ഠയെന്ന് പറയുന്നത് എന്താണോ നിരോധ സമാധിയല്ല സഹജ സമാധിയാണ് പിന്നെ ഒരാൾ നിരോധ സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞാലോ അയാൾക്ക് നിരോധിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ ശിഷ്യന് പറഞ്ഞു കൊടുക്കാം പക്ഷെ തത്വബോധത്തെ പകരാൻ പറ്റത്തില്ല ഈ പറയും എന്തുകൊണ്ട് നിരോധത്തിൽ നിന്ന് അയാൾ ഉണർന്നു വന്നപ്പോ അയാള് തത്വബോധമില്ല ഇവിടെ അതല്ല ഇവിടെ തത്വബോധത്തിലാണ് പറയുന്നത് തത്വബോധത്തെ കുറിച്ചാണ് പറയുന്നത് തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അതാണ് സർവതീർക്കെന്ന് പറയുന്നത് ആ തിരിയലിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല ഈ പരമാർത്ഥ ബോധത്തിൽ ആ ബോധത്തെയാണ് സമാധി എന്നിവിടെ പറയുന്നത് അവിടെ ഒന്നിന്റെയും നിരോധം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് നിരോധിക്കാനൊന്നുമില്ല നിരോധിക്കാൻ അജ്ഞാനമില്ല നിരോധിക്കുന്നതിന് അജ്ഞാനകാര്യങ്ങളില്ല തിരിയൽ ഏകം അവിടെ മാത്രമേ അദ്വൈതമുള്ളൂ മറ്റുള്ളവടത്തെല്ലാം അദ്വൈതമാണ് അദ്വൈതമാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷയകാരൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സർവദൃക്കാണ് സർവവും ആ ദൃർക്ക് തന്നെ ഇത് ശ്രുതിയിൽ മറ്റു ഭാഗങ്ങളിലും പറയും എന്താണ് സർവം ഇതം ബ്രഹ്മ സർവവും ആ ബ്രഹ്മം തന്നെ പറയുന്നു ഈ സർവവും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവപ്രപഞ്ചവും ആ ബ്രഹ്മം തന്നെ ശരി ഇതിനെയെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സർവത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് പിന്നെ അവിടെ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ലല്ലോ ഇതൊക്കെ നിലനിൽക്കുമ്പോഴേ പറയാൻ പറ്റും സർവവും ആ ബ്രഹ്മം തന്നെ സമാധി എന്ന് പറയാൻ പറ്റത്തില്ല ഉണർന്നിരുന്നു കൊണ്ടാ പറയുന്നത് ഉണർന്നിരുന്നുകൊണ്ട് പറയണമെങ്കിൽ അവിടെ ആ ഉണർവിനും ഒരു സമാധി വേണം ഉണർവിലാ സമാധി എന്ന് പറയുന്ന ഉണർവ് തന്നെ അതിലൊന്ന് വേറെ അത് സുഷൃത്തി പോലെയല്ല സുഷുത്തിന് നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ സമാധിന് ഉപദേശിക്കാൻ കഴിയത്തില്ല ചെറു ജോലിക്കും പലരും നിണ്ട കാലം മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ സമാധിയിലിരിക്കുന്നതോ അതൊരു വലിയ കാര്യമില്ല ആയിരക്കണക്കിന് വർഷം സമാധിയിരുന്നു എന്നാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഓരോ ഋഷിമാർ അസാധ്യമാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് അയാൾ തത്വം നിഷ്ഠനാകണമെന്നില്ല എന്നാണ് അതൊക്കെ ശരീരബോധം നഷ്ടപ്പെടണോ പ്രപഞ്ചബോധം നഷ്ടപ്പെടണോ അതിനുവേണ്ടി പരിശ്രമിച്ച് സമാധിപ്പാരി ഒന്നുമില്ല ഉറങ്ങിയാ മതി ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം ഗുളിക കഴിക്കുക ഇത്രയും അനായാസമായി പ്രപഞ്ച നിരോധി നമുക്ക് സമ്പാദിക്കാവുന്നിരിക്കുക എന്തിനത്ര കഷ്ടപ്പെട്ട് സമാധി പോകുന്നു സഹജമായി തന്നെ അന്തരിയാമി തന്നെ ഈ സമാധി നമുക്ക് അനുഭവപ്പെടുത്തി തരുമ്പോ എന്തിനാ ഇത്രയും പ്രയാസപ്പെട്ടു ഇത്രയും വേർത്ത് സമാധി പോകുന്നു ആ പക്ഷേ നിരോധവാസനവരുള്ള ഒരാളിന് നിരോധിച്ച പറ്റും പോകാം എന്നല്ലതുതന്നെ സമാധി മോശമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം തത്വബോധം അതല്ലെന്നാണ് തത്വഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന സമാധി എല്ലാ സഹജ സമാധിയാണ് അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാലും നമ്മൾ പലതും പ്രതീക്ഷിക്കും സഹജ സമാധി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ആനന്ദം വലിയൊരു സുഖം ആ പ്രതീക്ഷകളുടെ അസ്ഥാനത്താണ് എന്തുകൊണ്ട് ആ പ്രതീക്ഷകൾ നിൽക്കുന്നിടത്തോളം കാലം സഹജ സമാധിയില്ല കുര്യൻ മാത്രമേ പാടുള്ളൂ മറ്റു രണ്ടാമതെന്നോടെ പാടില്ല പ്രതീക്ഷ രണ്ടാമത്തത് ആയാൽ പിന്നെ ഇങ്ങനെ സഹജസമാധിക അത് സാധ്യമല്ല അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണോ അവിടെ ആഗ്രഹവും അനിധാഗ്രഹണവും ഇല്ല നമ്മുടെ സർവ്വസങ്കല്പങ്ങൾ തന്നെ ഇടാഗ്രഹണം ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചുമുള്ള സർവ്വസങ്കല്പങ്ങൾ അതേവഭാവ അതൊന്നും അവിടെയില്ല എന്നറിയും പിന്നെ ഈ ഉള്ളതോ തത്ത്വജ്ഞാനിക്ക് അനുഭവപ്പെടുന്നതോ അതെല്ലാം കത്തുരിയും തന്നെ അവിടെ പിടികിട്ടുന്നില്ലല്ലോ എന്ന് ചിലത് പറയും നിങ്ങൾ പിടികിട്ടാൻ ആഗ്രഹിക്കുന്ന എന്താണ് ആഗ്രഹം കളഞ്ഞാലേ പിടികിട്ടത്തുള്ളൂ തത്വത്തിന് നമ്മളെന്ത് ചെയ്യുന്നോ സംശയങ്ങളോ ഉണർത്തിവിടും അത് തന്നെ തത്വബോധത്തിന് തടസ്സമായിരിക്കും എന്നാലും അതെങ്ങനെ ശരിയാകുമെന്ന് വീണ്ടും ചിന്തിക്കും അതുതന്നെ അവിടുത്തെ തടസ്സം എന്തുകൊണ്ട് സവിതരി സദാപ്രകാശാത്മകെ തദ്വിരുദ്ധം അപ്രകാശനം അജ്ഞാപ്രകാശനം വ സംഭവതിർവദൃക്കെന്ന് പറഞ്ഞ സർവ സർവവുമായിരിക്കുന്ന ദൃർക്കാണ് തന്നിൽ നിന്ന് അന്യമായി എന്തിനെങ്കിലും കാണുന്ന ദൃർക്കല്ല ഏതുപോലെ സവിതാവിനെപ്പോലെ സൂര്യനെ പോലെ സൂര്യൻ സ്വയം പ്രകാശാത്മകനാണ് സദാപ്രകാശാത്മകയെ അതിന് പ്രകാശമായിട്ടേ ഇരിക്കാൻ പറ്റും സൂര്യനെപ്പോഴെങ്കിലും ഇരുട്ടായിട്ടിരിക്കാൻ പറ്റും പ്രകാശിക്കാതിരിക്കാൻ പറ്റും സൂര്യനിൽ നമ്മൾ പ്രകാശമല്ലാതെ മറ്റെന്തിനെങ്കിലും അന്വേഷിക്കാൻ പോയാൽ അതങ്ങനെ സാധ്യമാകും അതുപോലെയാണ് ഈ തുര്യൻ മോക്ഷത്തെ അന്വേഷിക്കുന്നത് എന്നാണ് ഇവിടെ അത് അസംഭവമാണ് എന്തുകൊണ്ട് സദാപ്രകാശാത്മകെ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഭൂതത്തിനും വർത്തമാനത്തിനും ഭാവിയിലുമെല്ലാം അത് പ്രകാശാത്മകനാണ് പ്രകാശസ്വരൂപത്തിൽ ഇരിക്കയാണ് അതൊരിക്കലും ഇരുട്ട് കടന്നു വന്നിട്ടില്ല ഒരിക്കലും അതിൽ നിന്ന് ഇരുട്ട് പോകത്തുമില്ലാശത്തിനും പ്രകാശത്തിൽ നിന്ന് അന്യമായ രണ്ടാമതൊരു വസ്തുവില്ല തദ്വിരുദ്ധം देन देन ം അത് സംഭവിക്കത്തില്ല പ്രകാശത്തിൽ അപ്രകാശനം സംഭവിക്കത്തില്ല സൂര്യൻ ആകെ മൊത്തം അത് തന്നെയാണ് പ്രകാശം തന്നെയാണ് അന്യഥാപ്രകാശനം മറ്റൊന്നും സംഭവിക്കത്തില്ല അത് പ്രകാശത്തിനും മറ്റൊരു ഭാവം വരിക പ്രകാശം അതിന്റെ സ്വരൂപത്തെ വിട്ടിട്ട് മറ്റേതെങ്കിലും ഒരു ഭാവത്തെ പ്രാപിക്കുക എന്തായാലും ഇരുട്ടാകത്തില്ല ഇനി മറ്റെന്തെങ്കിലും ആകാമോ അതിനെ വിട്ടിട്ട് മറ്റൊന്നും ആകാൻ കഴിയും അഗ്നി അതിന്റെ ജ്വാലകളും അഗ്നിന്ന് അതിൽ നിന്ന് ചെതറിപ്പോകുന്ന തീപ്പൊരികീടും എന്താണ് ഇതാണ് സംഭവിക്കുന്നത് ആ പ്രകാശം ആ പ്രകാശമാണ് ചിന്തകളായി വികാരങ്ങളായി വിചാരങ്ങളായി സങ്കല്പങ്ങളായി ആഗ്രഹങ്ങളായി യത്നങ്ങളായി എല്ലാം നിലനിൽക്കുന്നത് തുര്യന്റെ എന്ന പ്രകാശമാണ് അഗ്നിയുടെ ജാരകളെപ്പോലെ അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പൊരികളെപ്പോലെ അഗ്നിയുടെ സ്വരൂപത്തിൽ അഗ്നി അല്ലാതെ മറ്റൊന്നുമില്ല അത് നമ്മളെന്തെല്ലാം ഭാവ വ്യത്യാസങ്ങളെ കണ്ടാലും പലതരത്തിലുള്ള ജ്വാലകൾ നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷെ എല്ലാ അഗ്നി തന്നെയാണ് അതുപോലെ തുര്യന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് സർവമെന്തായ തുര്യന്റെ സ്പന്ദനമായെങ്കിൽ സർവവും ആ തന്നെ സർവവും ആ തുര്യനാണെങ്കിൽ സർവത്തെയും കാണുന്ന ഒരു തുര്യന്റെ ആവശ്യം കാഴ്ചക്കാരനും കാഴ്ചയും അത് കാണലും അതുതന്നെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സവിതാവിൽ സൂര്യനിൽ പ്രകാശമല്ലാതെ മറ്റെന്തിനെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇവിടെ ഈ തുര്യനിലും ആ തുര്യനിൽ നിന്നും ഭിന്നമായി കണ്ടെത്താൻ കഴിയും ആ തുര്യനിൽ പല അത് ശരിയാണ് പലതില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം കാണുന്നു എന്ന് ചോദിക്കും ഇവിടെ പലതും കാണുന്നുണ്ട് പക്ഷെ അത് തുര്യനിൽ നിന്ന് അന്യമല്ല അതാണ് ഇവിടെ പറയുന്നത് തുര്യനിൽ നിന്ന് വേറിട്ടൊന്നും കാണാനില്ല ഇതെല്ലാം തുര്യനിൽ സഹജമായിരിക്കുന്നതാണ് തുര്യനിൽ നിജമായിരിക്കുന്നതാണ് എന്ന് ബോധിച്ചാൽ അത് സഹജ സമാധി അതിന് നിരോധത്തിന്റെ ആവശ്യമില്ല ഒരിക്കലും തുരിയു തന്റെ നിലയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല നമ്മളെന്താണ് പറയുന്നത് അജ്ഞാനത്തിൽ പെട്ടുപോയി മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു ഈ പ്രബലമായ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പരിശ്രമങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും തുരിയെന്ന് സംഭവിക്കത്തില്ല സംഭവിക്കണമെങ്കിൽ എന്ത് വേണം പ്രകാശം നഷ്ടപ്പെടണം നമ്മൾ പറയുന്ന എന്താണ് ആത്മബോധത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് ആത്മബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നുണ്ട് വീണ്ടും മുമ്പ് ഉദ്ധരിച്ച ശ്രുതി ഇവിടെ പറയുകയാണ് വിപരിലോഹോ വിദ്യ ആ ദൃഷ്ടാവായിരിക്കുന്ന ത്വരീയന്റെ ദൃഷ്ടിക്ക് അത് അതിന്റെ സ്വരൂപം തന്നെയാണ് അതിനൊരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല ഇതാണ് ജ്ഞാനിയുടെ നില അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ നില രണ്ടുമെന്ന് ഒരിക്കലും ഇവിടെ ദൃഷ്ടിക്ക് വിപരിലോകം വന്നിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടില്ല ഏതെങ്കിലും തരത്തിലൊരു അജ്ഞാനം തന്നെ മൂടിയിട്ടില്ല സൂര്യന് പറയാൻ കഴിയില്ലല്ലോ സൂര്യൻ എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കും എന്നൊരിക്കലും പറയാൻ കഴിയില്ല എന്താണ് എന്നെൻ്റെ ഇരുളുണ്ട് ഞാൻ ആ ഇരുളിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം ഞാൻ ഇരുളിൽ നിന്ന് സ്വതന്ത്രനാകണം അതാണ് എന്റെ ജീവിത ലക്ഷ്യം ഇതൊന്നും ഒരിക്കലും സൂര്യന് സങ്കല്പിക്കാനേ കഴിയും സൂര്യൻ തന്നിൽ എന്തൊക്കെയാണോ ഉള്ളത് സൂര്യനെ കാണാൻ കഴിഞ്ഞാൽ എങ്ങനെ കാണും പ്രകാശമായിട്ട് തന്നെ കാണും അഗ്നി അതിന്റെ ജ്വാലകളെല്ലാം അഗ്നിയായിട്ട് തന്നെ കാണും ഈ പുരികളെയെല്ലാം അഗ്നി അഗ്നിയായിട്ട് തന്നെ കാണും അതാണ് അദ്ദേഹം രണ്ടാമതൊന്നില്ല അതുകൊണ്ടൊരിക്കലും ഈ ദ്രഷ്ടാവിന്റെ തുരി ദൃഷ്ടിക്ക് ആ ജ്ഞാനത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും മറിയി സംഭവിക്കത്തില്ല അതുകൊണ്ട് പറയുന്നെന്താണ് അത് സർവദൃക്കാണ് സദാ ഈ തത്വത്തെ ബോധിക്കാനാണ് പറയുന്നത് ഇന്ത് ശ്രുതേഹേ ചില പറയുന്നത് ഗ്രഹിക്കുന്നുണ്ട് ഗ്രഹിച്ചിട്ടും ഇത് ഗ്രഹിക്കുന്നില്ല എന്തോ ഒരു ഒരു ന്യൂനത അതിന് മറ്റൊന്നുമല്ല തടസ്സം എന്തോ ചില പ്രതീക്ഷകൾ നമ്മൾ നിലനിർത്തുന്നു അവിടെ വീണ്ടും എന്തോ ചില തടസ്സങ്ങൾ നമ്മൾ സ്വയം വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തു ചെയ്യണം അഥവാ അടുത്ത് വ്യാഖ്യാനിക്കുന്നു ഭാഷകർ ജാഗ്രസ്വപ്രയോഗ സർവഭൂതാവസ്ഥ സർവവസ് ആഭാസ തിരിയേദി സർവദൃക് സദാ എന്ന ഈ തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ജാഗ്രത സ്വപ്നയോഹോ ജാഗ്രത സ്വപ്നവും വ്യക്തമാണല്ലോ അവിടെ ഒരു ദ്രഷ്ടാവും ദൃശ്യവും ഉണ്ടല്ലോ അതൊരു തർക്കമില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ തന്നെ സ്വപ്നം കണ്ടു ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നു ദ്രഷ്ടാവിന്റെ കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് സ്വപ്നം കാണുന്നവനെ കുറിച്ചും ഉണർന്നിരിക്കുന്നവനെ കുറിച്ചും ആർക്കും ഒരു സംശയമുണ്ട് ജാഗ്രത സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ അങ്ങനെ മനസ്സിലാക്കുക ഞാനായും നീയായും അന്യനായുമൊക്കെ ഇരിക്കുന്നു അവനാണ് ആ ദുര്യനെന്ന് മനസ്സിലാക്കുക അത് കഴിയുമോ സർവവസ്തുതൃക്കാഭാസർവസ്തുക്കൾക്കും ദൃക്കായിരുന്നു ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നവൻ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം സർവഭൂതങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ തുര്യ നൈവേദ്യ അവനെ ആണ് തുര്യൻ എന്ന് മനസ്സിലാക്കുക അത്രയെങ്കിലും മനസ്സിലാക്കും നോമ്പ് പറഞ്ഞ സഹജഭാവത്തിൽ അല്ല ഒരുവൻ നിൽക്കുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ആ സാക്ഷിഭാവത്തിലെങ്കിലും നിൽക്കുക അവിടെ അദ്വൈതത്തിന്റെ പൂർണ്ണതയില്ല എന്തുകൊണ്ട് സാക്ഷിയും സാക്ഷ്യവുമുണ്ട് സാക്ഷിയും സാക്ഷിക്ക് കാണേണ്ടതുണ്ട് ദ്വൈതമുണ്ടോ എന്നാലും അത് കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ സർവത്തിനും സാക്ഷിയായിരിക്കുന്നു ഞാൻ സർവത്തിനും ദൃക്കായിരിക്കുന്നു എന്നിൽ സർവദൃശ്യങ്ങളും നിൽക്കുന്നു ഞാൻ സർവദൃശ്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ തരത്തിലെല്ലാം ആ തുല്യനെ മനസ്സിലാക്കുക സർവദൃക്സാ അവൻ തന്നെയാണ് ദ്രഷ്ടാവ് അതിന് ശ്രുതിയെ വീണ്ടും പറയുന്നു ബൃഹധാന്യത്തിൽ ഗാർഗീയ യാജ്ഞവൽക്കിന് ഉദ്ദേശിക്കുന്ന ഭാഗത്ത് പറയുന്ന അതോ അസ്ഥി ദൃഷ്ടർ മന്ദിത് അതോസി വിജ്ഞാത ഇങ്ങനെ പറയും ഈ ദാവിൽ നിന്നോ ഈ ദാവെന്ന് പറയുമ്പോ എന്താണ് ഓരോരോ ജീവന്റെയും ഉള്ളിൽ ഒരു ദ്രഷ്ടാവുണ്ടല്ലോ കാണുന്നവൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും കാണുന്നവൻ അവിടെയാണ് സ്പഷ്ടം ആ കാണുന്നവന നിന്നും അന്യമായി വേറൊരു ദൃഷ്ടാവിനെയല്ല ഇവിടെ തുരിയെന്ന് പറയുന്നു നമ്മുടെ ധാരണയെ തിരുത്തുകയാണ് മറ്റേതോ ഒരവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കേണ്ട ഒരുത്തനാണ് തിരിയൻ ഇവിടെ ഗാർഗിയോട് പറയുകയാണ് അതല്ല തിരിയു തിരിയൻ എന്നുള്ള ശബ്ദമല്ല ഇവിടെ പറയുന്നു ഏതസ്മിനും ഖലു ആകാശേ സർവം കാശത്തിലാണ് സർവ്വവും ബോധപ്രോതമായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ ഇവിടെ ഉപദേശിക്കുന്നു ഗാർഗി ആ ഭാഗത്തെക്കുറിച്ചൂടെ പറയുക ഈ ജാഗ്രത സ്വപ്നത്തിനും സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ടല്ല ഓരോരുത്തരുടെ ഉള്ളിലും അവൻ തന്നെയാണ് തിരിയൻ കാണുന്നവൻ മാത്രമല്ല മന്ദ ഏതൊരുവനാണ് ചിന്തിക്കുന്നത് കണ്ടതിനേയും കാണാത്തതിനെയും കേട്ടതിനെയും കേൾക്കാത്തതിനെയെല്ലാം ചിന്തിക്കുന്നു ആ ചിന്തിക്കുന്നവരവനുണ്ടല്ലോ അവൻ തന്നെയാണ് തുര്യൻ പിന്നീട് പറയും വിജ്ഞാതാവായിരിക്കുന്നവൻ സർവ്വ അനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ എന്ന് പറയും അവസാനം കാണുന്നവനാണ് കേൾക്കുന്നവനാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ധരിച്ചു എന്താണ് ഈ ഞാൻ ആ ഞാനെന്ന് പറയുന്ന ഉറച്ചിലേക്ക് നമ്മുടെ ഈ ശരീരത്തിലും മറ്റുമൊക്കെയാണ് ഈ അഹന്തയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതല്ലാന്ന് പറയാൻ വേണ്ടി അവസാനം അവിടെ പറയുന്നതാണ് ആ വിജ്ഞാതാവ് വിജ്ഞാതാവ് എന്ന് പറയുമ്പോൾ എന്താണോ സർവ്വാനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ അവനാണ് തുരിയേണ്ടത് എന്താ അതിന്റെ വ്യത്യാസം സർവ്വാനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് കണ്ടും കേട്ടും ചിന്തിച്ചും എന്ന അനുഭവങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഈ അനുഭവങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് എന്നെ ഏതൊരു അനുഭവമാണോ നിലനിർത്തുന്നത് അതാണ് തിരിയൻ അതാണ് സർവവിജ്ഞാനങ്ങളും ഞാൻ എന്നുള്ള വിജ്ഞാനം ഉൾപ്പെടെയുള്ള എല്ലാ അറിവുകളും നിലനിൽക്കുന്നതാണ് തിരിയൻ എന്നവിടെ പറയും അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത് ആ രീതിയിലെങ്കിലും മനസ്സിലാക്കുക അഹന്തയല്ല അഹന്തയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അഹന്തയെ വെളിപ്പെടുത്തുന്നവൻ അഹന്തയാൾ ആർക്കാണോ വെളിവായിരിക്കുന്നത് അവൻ ആ തത്വം അതാണ് പരമാർത്ഥം അതാണ് സുരീയൻ അവൻ തന്നെയാണ് ജാഗ്രത്തിനും സ്വപ്നത്തിനും നിൽക്കുന്നത് അന്യഥാഗ്രഹണത്തോടും അഗ്രഹണത്തോടും നിൽക്കുന്നത് അവൻ തന്നെയാണ് സുഷക്തിയിൽ കേവലം ആഗ്രഹണത്തിൽ നിൽക്കുന്നത് അവനെ സാക്ഷാത്കരിക്കുന്നതിന് ഇനി മറ്റൊരവസ്ഥയുടെ ആവശ്യം നാലാമതൊരവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല ഇനി അനേക അവസ്ഥകളുണ്ടാകാം തുര്യം അതിനെ നമുക്കൊരു അവസ്ഥയായി കൽപ്പിച്ചാൽ ഒന്നുകൂടെ കൽപ്പിക്കാൻ താണ് തുര്യാതീതം ഒന്നുകൂടി കൽപ്പിക്കാം അങ്ങനെയുള്ള കല്പനകളെ കുറിച്ചൊക്കെ പറയുന്ന ശാസ്ത്രങ്ങൾ ഇങ്ങനെയുണ്ട് കുറിച്ച് തുരിയനൊരവസ്ഥീതമൊന്നും അതീത അതീതമൊന്നും ഇങ്ങനെ ആ കൽപ്പനകളെല്ലാം പൂർണ്ണമായും അസംബന്ധമല്ല അങ്ങനെയുള്ള കൽപ്പനകൾക്കും അടിസ്ഥാനം ഉണ്ടെന്താണോ ഈ മനപ്രപഞ്ചം എന്ന് പറയുന്ന അത്രയും വലുതാണ് മനപ്രപഞ്ചത്തിന്റെ എന്ത് കൽപ്പനകളും നിൽക്കും തുരിയ കൽപനയും തുരിയ അതീത കൽപ്പനയും എല്ലാം അത്ര വിപുലമാണ് അതുകൊണ്ടാണ് മനസ്സിനെ തന്നെ പ്രപഞ്ചമെന്ന് പറയുന്നത് അത്തരം ഭാവനകൾ കൽപ്പനകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അതിനെ ഇവിടെ മാണ്ഡവ്യം വെളിപ്പെടുത്തുന്നത് അത് സർവദർക്കാണ് ആ സർവ്വത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എങ്ങനെ ജാഗ്രത സ്വപ്നത്തിനും സുഷൃക്തിക്കും അപ്പുറത്തല്ല ഇവിടെ പറയുന്നു ജാഗ്രത സ്വപ്നത്തിനും സുഷൃക്തിയുമായിട്ടാണ് അതിനെ പറയുന്നത് എന്നാലേ അതിനെ സർവദൃക്കെന്ന് പറയാൻ പറ്റും ജാഗ്രത അവൻ ദർശിച്ചില്ലെങ്കിൽ എങ്ങനെ സർവദൃക്കെന്ന് വിളിക്കാൻ പറ്റും സ്വപ്നത്തെയും സുഷൃപ്തിയും ദർശിക്കാത്ത ഒരാളെങ്ങനെ സർവദൃക്കാവും ജാഗ്രതയും സ്വപ്നത്തെയും സുഹൃത്തിയെയും ദർശിക്കുന്നുണ്ടെങ്കിൽ അവനിലാണ് ഈ ജാഗ്ര സ്വപ്ന സുഹൃത്തികൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു തത്വത്തെയാണ് ഇവിടെ പറയുന്നത് സർവദൃക്ക് അതുതന്നെയാണ് ശ്രുതി പല സന്ദർഭങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്യാദി ശ്രുതിയൊക്കെ അതാണ് തിരിയം തത് സർവദൃക് സദാ സദാ സർവദൃക്കായിരിക്കുന്നത് സത്യം നൃത്തം രാജകം ദൈവം തത്സവൃക്സൈതസ്യഗ്രഹണം തുല്യം അയ്യോയോധ എന്ന വിദ്യ വീണ്ടും ആ തുര്യനെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ തുര്യനെ സംബന്ധിച്ചുള്ള നമ്മുടെ അബദ്ധ ധാരണകളെല്ലാം ാക്കാൻ ശ്രമിക്കുകയാണ് അതിനെ വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അർത്ഥമാണ് ടോർച്ചടിച്ച് പ്രകാശിപ്പിക്കും പോലെ പ്രകാശിപ്പിക്കേണ്ട ഒരു വസ്തു ഒന്നുമല്ല കാരണം അവിടെ അന്ധതയില്ല പിന്നെ എന്താണോ നമ്മൾ സ്വയം സൃഷ്ടിച്ച അന്ധത വേണം അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത് നിമിത്താന്തരപ്രാപ്ത ആശങ്ക എന്നിവിടെ തീർത്ഥമായ ശ്ലോക എന്നാണ് ഭാഷകാരൻ പറയുന്നത് ആശങ്കാനിവൃത്തി അർത്ഥമാണ് ഈ ശ്ലോകം നമ്മുടെ ആശങ്കകൾ നിവർത്തിപ്പിക്കുക നമ്മൾ തന്നെ പലതരത്തിലുള്ള ആശങ്കകളെ സംശയങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും എന്താ നിമിത്താന്തരങ്ങളുണ്ട് പല നിമിത്തങ്ങളുണ്ട് അതുണ്ടാവുന്നു അതിന് നമ്മുടെ സംസ്കാരമായിരിക്കും കാരണം നമ്മുടെ അറിവായിരിക്കാൻ കാരണം നമ്മുടെ സാഹചര്യങ്ങളാകും കാരണം നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങളും ഉണ്ടാകാം എന്തായാലും ഇവിടെ ഈ വിവരണത്തിന്റെ പ്രയോജനം എന്താണ് നമ്മുടെ ആശങ്കകൾ നിവർത്തിക്കുക ശ്രുതി ആശങ്കകൾ നിവർത്തിപ്പിക്കുന്നു നമ്മൾ ആശങ്കകളെ സൃഷ്ടിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനുവേണ്ടി വീണ്ടും ഈ ശ്ലോകത്തെ പറയുക കഥം എങ്ങനെ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നു ദ്വൈത അഗ്രഹണസ്യ തുല്യത്വ പ്രാജ്ഞ ചെയ്യുന്നശങ്ക നിവർത്തിയത്യനിൽ വീണ്ടും പറയണം തുര്യനിൽ ഒരു തരത്തിലും കാരണബദ്ധത്വമില്ല തുര്യനിൽ ഒരിക്കലും അജ്ഞാനമില്ല തുര്യനെ ഒരിക്കലും അജ്ഞാനം ബന്ധിച്ചിട്ടില്ല അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പ്രാജ്ഞനെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ പ്രാജ്ഞഭാവത്തിൽ ഉറങ്ങി പ്രാജ്ഞനെന്നൊന്ന് ഉണരുമ്പോഴാണ് പറയുന്നത് ഞാൻ അജ്ഞനാണ് ഞാൻ ബന്ധനസ്ഥനാണ് ഇതൊന്നും തുര്യൻ അവിടെ ബന്ധമോക്ഷങ്ങളില്ല അതാണ് പരമാർത്ഥം അതാണ് ശ്രോതാവിന്റെ സ്വരൂപം അത് ബോധിപ്പിക്കുകയാണ് അത് സഹജമാണ് അതാണ് സമാധി അതാണ് ബോധിപ്പിക്കുന്നത് യസ്മാഅത് ബീജനിദ്രായുധ തത്വ അപ്രതിബോധോ നിദ്ര ബീജനിദ്രയോടുകൂടിയവനാണ് പ്രാജ്ഞ ബീജനിദ്ര എന്നതുകൊണ്ട് പറയുന്നു അതിൽ നിന്ന് ഉണരുന്നു ഉണരുന്നതിനത് ബീജമായിരിക്കുന്നു കാരണമായിരിക്കുന്നു നിദ്രായുധനായിരിക്കുന്നു നിദ്രയോട് കൂടിയവനായിരിക്കുന്നു നിദ്രയോട് ചേർന്നിരിക്കുന്നു അതാണ് പ്രാജ്ഞന്റെ സവിശേഷത അതെന്താണ് തത്വ അവിടെയാണ് തുര്യൻ അല്ല പ്രാജ്ഞനാണ് അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് പറയുമെന്താണ് ഞാൻ മുക്തനാണ് എന്നിൽ ബന്ധനമില്ല എന്നാലും എന്നൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും ഞാൻ ബന്ധനം അനുഭവിക്കുന്നുണ്ടല്ലോ അജ്ഞാനം അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാണ് വീണ്ടും സമാധാനം പറയുന്നത് അതിന്റെ സമാനമാണ് പറയുന്നത് എന്താണോ അത് ശരിയാണ് നീ ബന്ധനത്തെ അനുഭവിക്കുന്നുണ്ട് നീ അജ്ഞനായിരിക്കുന്നുണ്ട് അതെവിടെ പ്രാജ്ഞ രൂപത്തിൽ തുര്യ രൂപത്തിലല്ല ശ്രുതി ബോധിപ്പിക്കുന്ന ആരെക്കുറിച്ചാണ് പ്രാചനക്കുറിച്ചല്ല പ്രാചനക്ക് പരിചയമുള്ള ആളാണ് അനു വേദം പറയേണ്ട കാര്യമില്ല എവിടെയില്ലെന്ന് പറയുന്നു തുര്യനിൽ നിന്റെ വാസ്തവ സ്വരൂപത്തിൽ ഇതില്ലെന്ന് പറയുകയാണ് നിന്റെ കൽപ്പനകളിൽ ഇതെന്നുണ്ട് അങ്ങനെ നിഷേധിക്കുന്നില്ല നിന്റെ കൽപ്പനകളെ നിലനിർത്തുന്നിടത്തോളം കാലം ഇതന്നെ അവിടെയുണ്ട് അതിനോട്ട് നിഷേധിച്ചിട്ട് കാര്യവുമില്ല ഏതുപോലെ ഇത് ബോധ്യപ്പെട്ടതിന് ശേഷവും പറയുന്നു ഞാൻ അജ്ഞനായിരിക്കും എനിക്ക് മോക്ഷം വേണം ഇത് നിലനിൽക്കുന്ന എവിടെ നിന്റെ കൽപ്പനയിലാണ് നിന്റെ പ്രാജ്ഞ തേജസ്വ വിശ്വഭാവങ്ങളിലാണ് അവിടെ അതില്ലെന്നല്ല ശ്രുതി പറയും അവിടെ അതെന്നും നിന എവിടെയില്ലെന്ന് പറയുന്നു പരമാർത്ഥത്തിൽ സൂര്യൻ അതില്ല യസ്മാദ്രയെന്ന് പറഞ്ഞാ അങ്ങനെ ധരിക്കേണ്ട നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് ഇവിടെ സ്പഷ്ടമായി പറയും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നിദ്രയിൽ തന്നെ എന്താണ് ആ നിദ്ര തത്വ അപ്രതിബോധം ആ നിദ്രയിലാണ് ആ നിദ്ര ഉറക്കത്തിൽ സ്പഷ്ടമാകുന്നു എന്തുകൊണ്ടവിടെ അന്യഥാഗ്രഹണം നാനാത്വ ബോധമില്ല അതുകൊണ്ടവിടെ സ്പഷ്ടമായിരിക്കും അതുകൊണ്ട് നമ്മൾ കരുതുന്നത് എന്താണ് നമ്മൾ ഉറക്കത്തിൽ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ കരുതുന്നു അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ജാഗ്രത സ്വപ്നവും ഇട്ട് ഉറക്കത്തിൽ മാത്രമല്ല ഉറങ്ങുന്നു നിങ്ങൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും സ്വപ്നത്തിലേക്ക് വരുമ്പോഴും ആ ഉറക്കത്തിൽ ഒന്നും ഉണർന്നിട്ടില്ല ഉറങ്ങി തന്നെയാണ് സ്വപ്നം കാണുന്നത് ഉറങ്ങിത്തന്നെയാണ് ഉണരുന്നത് അതടുത്ത് വീണ്ടും പറയും സൈവജ വിശേഷ പ്രതിബോധ പ്രസവസ്യ ബീജം ആ നിദ്ര അതാണ് ഈ വിശേഷപ്രതിബോധം ജാഗ്രത സ്വപ്നങ്ങൾക്ക് ബീജമായി നമ്മൾ വിത്തിനെയാണ് ബീജമെന്ന് പറയുന്നത് വിത്തിൽ നിന്നാണ് അങ്കൂരം ഉണ്ടാകുന്നത് കിളിർത്ത് വരുന്ന വിത്തിൽ നിന്നാണ് ആ കിളിർത്ത് വരുന്ന കിളർപ്പിന് ഒരിക്കലും വിത്തിനെ വിട്ടിട്ട് നീക്കാൻ പറ്റത്തില്ല വിത്തിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ആ കിളർപ്പില്ല അങ്കൂരമില്ല ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കരുതുന്ന എന്താണ് നമ്മൾ ഉണർന്നു എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത് കാരണം അവിടെ ആ ബീജമുണ്ട് ഇവിടെ നമ്മൾ ജാഗ്രത ശരിയായി ഉണരുകയാണെങ്കിൽ പിന്നെ അവിടെ ബീജമില്ല അങ്കുരം എങ്ങനെ വിത്തിനെ വിട്ടിട്ട് നിൽക്കും അങ്കുരത്തിന് വിത്തിനോട് കൂടിയേ നിൽക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ഉണരുന്നു ഉറക്കം വിട്ടിട്ടുണരുന്നു ഉറക്കം വിട്ടിട്ടുള്ള ആ ഉണർവ് അതാണ് പെരിയന്റെ സ്ഥിതി അതിനാണ് സഹജ സമാധി എന്ന് പറയുന്നു ആ സഹജ സമാധിയിൽ എന്താണോ ഉറക്കവും സ്വപ്നവും ഉണർവും എല്ലാം നില പക്ഷെ പരമാർത്ഥത്തിലുള്ള ഉറക്കം അവിടെ നഷ്ടപ്പെട്ടിരിക്കും ഈ മൂന്നവസ്ഥയിലും തുടർന്ന് നിൽക്കുന്ന ഉറക്കം അവിടെ നഷ്ടപ്പെട്ടു ഈ ഉണർവിലങ്ങനെയല്ല അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് വിശേഷ പ്രതിബോധ പ്രസവം അതാണ് ജാഗ്രത സ്വപ്നവും അതിന്റെ ബീജം അതാണ് നിദ്രയൊണ്ട് ഇവിടെ ഉണ്ട് സ ബീജനിദ്ര പക്ഷെ വ്യത്യാസം എന്താണ് അതിന് ബീജനിദ്ര എന്ന് പറയുന്നു കാരണം അവിടെ ഈ ഉണർവില്ല ഇവിടെ ഉറക്കത്തിൽ ഇവിടെ ഉണർവ് കൂടിയുണ്ട് അതുകൊണ്ട് ഇതിന് കേവലം നിദ്രയെന്ന് വിളിച്ചാൽ മതി എന്നാലും അത് ബീജം തരും സയായുധ പ്രാജ്ഞ ആ പ്രാജ്ഞനെന്ത് ചെയ്യുന്നു ബീജനിദ്രയോടുകൂടിയിരിക്കുന്നു സദാ ദൃഗ്സ്വഭാവത്വ തത്വപ്രതിബോധരക്ഷണ നിദ്ര തുരിയേന വിദ്യതേ സദാ ജാഗ്രസ്വപ്ന സുഷുപ്തികളിലെല്ലാം ദൃക്സ്വഭാവത്വ ദൃർക്കായിരിക്കുന്നു തുരിയൻ അവൻ സുഷുപ്തിയുടെ ഉറക്കത്തേറിയുന്നു ജാഗ്രത സ്വപ്നങ്ങളിലെ ഉറക്കത്തെയും ഉണർവിനെ അറിയുന്നു അതുകൊണ്ട് സദാദൃക്സ്വഭാവത്വ തതിബോധരക്ഷണ നിദ്ര തത്വ അപ്രതിബോധം എന്ന് പറയുന്ന നിദ്ര തുര്യേ ന വിദ്യതേ തുര്യൻ അതോ തസ്മിൻ്റെ അതുകൊണ്ട് തുര്യൻ കാരണബദ്ധനല്ല പ്രാജ്ഞൻ കാരണബദ്ധനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നിന്നിൽ അജ്ഞാനമില്ല നീ ജ്ഞാനസ്വരൂപമാണ് നീ ദൃക്കാണ് എന്നെല്ലാം നിന്നെ ബോധിപ്പിക്കുന്നത് എന്താണ് അത് നിന്റെ അഹന്തയെ ബോധിപ്പിക്കുകയല്ല നിന്റെ സുഷുക്തി അവസ്ഥയെ ബോധിപ്പിക്കുകയല്ല ജാഗ്രത സ്വപ്നങ്ങളെ ബോധിപ്പിക്കുകയല്ല അതിനെല്ലാം ആധാരമായിരിക്കുന്ന തുര്യനെ ബോധിപ്പിക്കുക അതുകൊണ്ട് ഞാൻ ഈ ഞാനെന്ന ഭാവത്തോടു കൂടി ഇരുന്നിട്ട് ഇതൊന്നും ബോധിക്കുന്നില്ല എന്ന് കരുതുന്നതിന് അർത്ഥമില്ല അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇത് പ്രാജ്ഞനെയും വിശ്വനേയും തേജസ്വനെയും കുറിച്ച് പറയുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രാജ്ഞ വിശ്വതേജസ്വന്മാർക്കൊന്നും ഇത് ബോധ്യപ്പെടുത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് അവനില് കാരണബന്ധനം അവന് ദ്വൈതഗ്രഹം തുല്യം ഉഭയോനി സുര്യേന വിദ്യത്തെ സ്വപ്നനിദ്രാതോ ആദ്യസ്വപ്ന നിദ്രയാദ്രാച്ച സ്വപ്നം സ്വപ്നോ അന്യഥാഗ്രഹണം സർപ്പ ഇവ രമാണ് അന്യഥാഗ്രഹണമാണ് സ്വപ്നം ഇതുവരെ നമ്മൾ പറഞ്ഞത് അതിനെ കുറിച്ചാണ് സർപ്പത്തിൽ സർപ്പമല്ലാത്തൊരു ജീവനെ കാണുന്നു സുര്യനിൽ നാനാ ദൃശ്യങ്ങളെ കാണുന്നതാണ് സ്വപ്നം നിദ്ര ഉക്ത അപ്രതിബോധലക്ഷണം നിദ്രയും നമുക്കറിയാം തത്വത്തെ ബോധിക്കുന്നുണ്ടോ തമസ്സെന്ന് പറയുന്നു ആ ബോധിക്കാതിരിക്കലാണ് എന്ന് പറയുമ്പോ നമ്മൾ വേറൊന്നും ധരിക്കരുത് സൂര്യൻ അതിനെ മൂടിയിരിക്കുന്ന ഒരു കാർമികം അതുപോലെ ഒരു തുര്യൻ അതിനെ മറച്ചിരിക്കുന്ന തമസ്സെന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ രണ്ടിനെ അവിടെ കല്പിക്കരുത് അതാണ് നിദ്രയെന്നല്ല തത്വ അപ്രതിബോധം തത്വബോധമില്ലാതിരിക്കൽ അത് ഭാവമോ അഭാവമോ അനുവോചനീയമാണ് തത്വത്തെ ബോധിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റൂ അതെന്താണെന്ന് നമുക്ക് പിടികിട്ടാത്തതുകൊണ്ടാണ് അതിന് തമസ്സെന്ന് പറയുന്നത് ഇരുട്ടിൽ നമുക്കൊന്നും പിടികിട്ടുന്നുണ്ട് താഭ്യാം സ്വപ്ന നിദ്രാഭ്യാം യുക്തോ വിശ്വ തേജസ്സോ ഈ വിശ്വനും തൈജസനും രണ്ടുപേരും എന്താണ് സ്വപ്നനിദ്രകളോട് കൂടിയതാണ് അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത് നിദ്രപ്രാജ്ഞന മാത്രമല്ല വിശ്വ തൈജസ്സും രണ്ടുപേർക്കുമുണ്ട് വിശ്വനും തേജസ്സനും ഉണ്ട് എന്ത് സ്വപ്നമുണ്ട് നിദ്രയുണ്ട് ബീജം തുടരുകയാണ് സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും തുടരുന്നു നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന എന്താണ് ഉറങ്ങുന്നു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു ഉണരുന്നു ഉറക്കം നശിക്കുന്നു അവിടെ എന്താണ് നമുക്ക് പറ്റിയിരിക്കുന്നത് എന്താണോ ഉറക്കം എന്താണ് ഉണർവെന്ന് തിരിച്ചറിയാൻ മയ്യാത്ത കൊണ്ടാണ് നമ്മുടെ അനുഭവത്തെ നമ്മൾ പറയുന്നു അത് തെറ്റല്ല പരമാർത്ഥം എന്താണോ നമ്മൾ ഉണർന്നു പക്ഷെ ഉറക്കം നമ്മൾ വിട്ടിട്ടില്ല അതാണ് പറയുന്നത് സ്വപ്ന നിദ്രാഭ്യാ സ്വപ്നയും സ്വപ്നവും നിദ്രയും രണ്ടും ഉണ്ട് അവിടെ വിശുവിനും വിശുവിന്റെ ഈ അനുഭവങ്ങളും ഒരു സ്വപ്നം തന്നെ എന്തുകൊണ്ട് ഇതിന് സ്വപ്നം എന്തുകൊണ്ട് പറയുന്ന അന്യഥാഗ്രഹണമാണ് അന്യഥാഗ്രഹണമെന്നുള്ള നിലയ്ക്കാണ് ഇതിന് സ്വപ്നം എന്ന് പറയുന്നത് അന്യഥാഗ്രഹണം എന്ന് പറഞ്ഞാൽ പലതായി കാണുന്നു പലതും കാണുന്നു പലതിനേയും കാണുന്നു അതാണ് അന്യഥാഗ്രഹണം അത് ണബബദ്ധവും അതുകൊണ്ടെന്താണോ ഈ കാര്യകാരണങ്ങൾ തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും ഇത് വിശ്വനിനും തൈജസ്സനുമുണ്ട് പ്രാജ്ഞസ്തു സ്വപ്ന വർജിത കേവലയായവ നിദ്രയാ യുദ്ധ ഇത് കാരണബദ്ധ ഇത്യുക്തം പ്രാജ്ഞനാണെങ്കിലോ സ്വപ്നത്തെ വിട്ടിട്ട് കേവലമായ നിദ്രയോടുകൂടിയിരിക്കും അതുകൊണ്ടാണ് കാരണബദ്ധൻ എന്ന് പറഞ്ഞത് വിശ്വതേസ്വന്മാരിൽ കാരണവും കാര്യവും ഉറക്കുകൊണ്ട് ഉണർവയം നിശ്ചിതമില്ല കാര്യബന്ധനവുമില്ല നൌഭയം ബശ്യന്തി തുരിയെ തുല്യൻ ഇത് രണ്ടും കാണുന്നില്ല നിശ്ചിത ബ്രഹ്മജ്ഞാനികൾ ഇത് കാണുന്നില്ല എന്താണ് അന്യഥാഗ്രഹണമെൻ്റെ ആഗ്രഹമില്ല അവിടെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ഉറങ്ങുന്നില്ല ഉണരുന്നില്ലെന്നാണ അർത്ഥം ബ്രഹ്മജ്ഞാനി ഉറങ്ങിയാലും അവിടെ ആഗ്രഹമില്ല ഉണർന്നാലവിടെ അന്യഥാഗ്രഹണമില്ല അതാണ് സഹജ സമാധി എന്ന് പറയുന്നത് അതിന് ഉറക്കും ഉണർവുമായിട്ട് അജ്ഞന്റെ ഉറക്കുണർവുമായിട്ട് ബന്ധമില്ല പക്ഷെ ഈ പ്രാജ്ഞ വിശ്വതൈജസ്വാവങ്ങളിൽ വരുന്നില്ല തുര്യനിൽ അത് നിൽക്കുന്നില്ല എന്നറിയുന്നവനാണ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിരുദ്ധത്വം എന്തുകൊണ്ട് വിരുദ്ധമായ കാര്യങ്ങളാണ് കവിതരി ഇവ തമഹ സൂര്യനിൽ തമസില്ല എന്ന് പറയുന്നതിന് യാതൊരു യുക്തിഭംഗില്ല തുര്യനിൽ ജാഗ്രത സ്വപ്ന സുഷൃത്തികളില്ല എന്ന് പറയുന്നതിലൊരു വ്യക്തിഭംഗമില്ല തത്വത്തെ ബോധിച്ചവർ തുര്യനെ സ്വസ്വരൂപമായി ദർശിച്ചവർ അവരെന്താണ് മനസ്സിലാക്കുന്നത് തുര്യനിൽ ഇതൊന്നുമില്ല എന്നാണ് അല്ലാതെ വിശ്വൻ ഉണരുന്നില്ലെന്നോ പരിശൻ സ്വപ്നം കാണുന്നില്ലെന്നോ പ്രാജൻ ഉറങ്ങുന്നില്ലെന്നോന്നല്ല അതെല്ലാം സംഭവിക്കാതെ സംഭവിക്കാതിരിക്കാം പക്ഷെ തുര്യനിൽ അതുമായിട്ട് ബന്ധമില്ല അതുവന്ന് ആ കാര്യകാരണബദ്ധ വിദ്യുക്ത അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ് തുര്യൻ ബദ്ധനല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടിവിടെ തുര്യൻ ഉറങ്ങുന്നുണ്ടോ ഉണരുന്നുണ്ടോ ആത്മജ്ഞാനിക്ക് ഉറക്കമുണ്ടോ ഉണറവുണ്ടോ ഇത്തരം ചോദ്യങ്ങളെല്ലാം അസംബന്ധങ്ങളെന്നാണ് പറയുന്നത് തുര്യൻ എന്നെ സംബന്ധിച്ചതെല്ലാം തുര്യന്റെ സ്വരൂപത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല തുര്യനും തുര്യനിൽ നിന്ന് ഭിന്നമല്ലാതെ എല്ലാം നിലനിൽക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലാക്കേണ്ട അതാണ് മുമ്പ് പറഞ്ഞെന്താണ് ദേവശേഷ സ്വഭാവം ദേവന്റെ സ്വഭാവമാണ് സ്വഭാവം എങ്ങനെ വേർപിരിഞ്ഞു നിൽക്കും വേർപിരിയാൻ പറ്റത്തില്ല വേഷപ്രപഞ്ചനീ കാണുന്ന സർവ്വപ്രപഞ്ചം ആ തിരിയന്റെ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് ഉണർവുണ്ട് ഉറക്കമുണ്ട് എല്ലാം സ്വപ്നമുണ്ട് ഇതെല്ലാം തിരിയന്റെ സ്വഭാവമാണ് സ്വഭാവം എന്ന് പറയുമ്പോൾ തിരിയിൽ നിന്നും വേറിട്ടൊന്നുമില്ല അതാണ് സർവ്വദൃക്ക് എന്ന് പറയുന്നത് സർവവുമായ ദൃക്കായി തുര്യൻ നിലനിൽക്കുന്നു അതുകൊണ്ട് അത്തരം ചോദ്യോത്തരങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല തുര്യന്റെ പരമാർത്ഥമായ നില എന്തെന്ന് മനസ്സിലാക്കിയാമോ ഇതൊന്നും കൊണ്ടും തുര്യൻ ബദ്ധനല്ല ഇതിനെല്ലാം ആധാരമായി തുര്യൻ നിന്നാലും ഇതൊന്നും തുര്യനെ ബന്ധിക്കുന്നില്ല തുര്യൻ ഇതൊന്നും ബാധിക്കുന്നില്ല തുര്യനെ ആശ്രയിച്ചിതെല്ലാം നിലനിൽക്കുന്നു എന്നുവെച്ചാൽ തുര്യനെല്ലാം പ്രകാശിക്കുന്നു അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രീതിയിൽ വിശദീകരിച്ചത് നിദ്രസ്വപ്നം പശ്യ പുണമേ സന്ധി സന്ദിസം